സിന്ധു നദീതട സംസ്കാരത്തിന് മെസപ്പൊട്ടോമിയക്കാർ കൊടുത്തിരുന്ന പുരാതന പേര്യത്തെ രൂപീകരിച്ച ഡൽഹി സുൽത്താൻ അലാദ്ദീൻ ഖുജി മത്സരം ആരംഭിക്കുന്നത് മനുഷ്യരുടെ മനസ്സിലാണ് എന്ന് ഏത് വേദത്തിൽ പറയുന്നു അധർവേദത്തിൽ തിമോർ ഇന്ത്യ ആക്രമിച്ചതെന്നും ദൈവം എന്നറിയപ്പെടുന്നത് വരുണൻ ഏത് നദിയുടെ കരയിലായിരുന്നു വിജയനഗരം സ്ഥിതി ചെയ്തിരുന്നത് ആര്യവംശം ദക്ഷിണേന്ത്യയിൽ വ്യാപിച്ചി അഗസ്റ്റിൻ വിജയനഗരത്തിലെ ഭരണാധികാരികൾ പ്രോത്സാഹിപ്പിച്ചു ഗ്രീക്കുകാർ സിന്ധൻ എന്ന പദം ഉപയോഗിച്ചിരുന്നത് എന്തിനായിരുന്നു പരിത്തി പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചടക്കിയത് എവിടത്തെ ഭരണാധികാരികളിൽ നിന്നാണ് ബിജാപൂരിൽ സംഘകാലത്തിലെ ഏക കവി ശിലയെ ആരാധിച്ചാൽ ദൈവത്തെ കാണാമെങ്കിൽ ഞാൻ പർവ്വതത്തെ ആരാധിച്ചു എന്ന് പറഞ്ഞതാര് കബീർ ഇന്നും ഏറ്റവും പഴക്കം ചെന്ന എവിടെ സ്ഥിതി സാഞ്ചിയിൽ രാമചരിതമാനസം കവിതാബലി ഗീതാവലി വിജയപത്രിക എന്നിവ എഴുതിയതാര് തുളസിദാസ് ഉജ്ജയിനിയുടെയും പാടലിപുത്രയുടെയും പ്രഭു എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമനി ഇന്ത്യയിൽ ഇന്നും നിലനിൽക്കുന്ന ആദ്യത്തെ താഴെയക്കുടം അലൈ ദർവാസ പാറ തുരന്ന് നിർമ്മിച്ച എല്ലോറയിലെ ക്ഷേത്രം കൈലാസനാഥ ക്ഷേത്രം ബാബർ ഗദ്യവും പദ്യവും രചിച്ചത് ഏത് ഭാഷയിൽ തുർക്കി